അപ്പൊ ഇവയൊക്കെ മുലയൂട്ടാതിരിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ സ്ഥനവിദ്രക്ക് കാരണമാകുന്നു അർബുദത്തിൻ്റെ കാരണങ്ങൾ ഇവയെല്ലാം തന്നെയാണ് ആർത്തവദോഷം ഗുഹ്യ രോഗങ്ങൾ പ്രസവാനന്തരമുള്ള അവധ്യ ഇവയും കാരണമാണ് ദോഹത അപചാരജങ്ങളായ ഗർഭസ്ഥാവസ്ഥയിലെ ഗർഭസ്ഥാവസ്ഥയിലെ അപചാരങ്ങൾ വിദ്യതിക്ക് കാരണമാണ് പ്രസവാനന്തരമുള്ള അവധ്യാചരണങ്ങളും കാരണമാണ് ആധുനിക കാലത്ത് ഈ വിദ്രതികൾ അപകടകാരികളായിത്തീരുന്നതിൽ ആർത്തവ നിഷേധം വലിയൊരു കാരണമാണ് ഒട്ടേറെ സിന്തറ്റിക് ഹോർമോണുകൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് സ്ത്രീകൾ ഒരു കല്യാണം കൂടാനോ കൊച്ചിന്റെ നോറൂണിന് ബന്ധു എന്നുള്ള നിലയിൽ അമ്പലത്തിൽ പോകാനോ ഒക്കെ വേണ്ടി അതിസാരമായി വലിച്ചു കയറ്റുന്ന സിന്തറ്റിക് ഹോർമോണുകളുടെ മിക്കവാറും സൈഡ് എഫക്ട് കർശനമായ മിക്കവാറും മാർട്ടിൻഡയിൽ നിങ്ങൾക്ക് പരിശോധിച്ചു നോക്കാം എക്സ്ട്രാ ഫാർമകോപ്പിയ തേർട്ടി എഡിഷൻ ആ നിലയില് വളരെ കൂടുതൽ കാരണം അതാണെന്ന് ാപ്ത യോഷിതാം സുതാനം ഗർഭിണീനാം യഥുർ ഖനഹേവ എന്ന അഷ്ടാംഗ ഹൃദയകാരൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ പറഞ്ഞ കാരണങ്ങളെല്ലാം വിവ്രതങ്ങളായ സ്ഥിരകളിൽ ഇത് വരുന്നതില് പ്രധാനമായ കാരണങ്ങളെല്ലാം അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അപ്പൊ ഈ വിധമുള്ള കാരണങ്ങളാൽ ദോഷങ്ങൾ വിവൃതങ്ങളായ തുറന്നിരിക്കുന്ന സ്തന്യവഹകളായ ക്ഷീരവഹകളായ സ്തന്യം ക്ഷീരം വാലിനെ വഹിച്ചു സ്രോതസ്സുകളെ ദൂഷിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ ശോഭത്തിന്റെ സ്വഭാവം ബാഹ്യവിദ്യതിക്ക് തുല്യമായിരിക്കും പുറത്തു കാണുന്ന മുഴയ്ക്ക് തുല്യമായിരിക്കും ആന്തരിക വിദ്രതി എന്ന് പറഞ്ഞാൽ അത്യന്തം ദാരുണവും ഗ്രഥിതവും ഉയർന്നതുമായ ശോഭത്തിന് ഇത് കാരണമാക്കിയിരുന്നു ഇങ്ങനെയാണ് ഇത് രോഗത്തിന് വഴിയൊരുക്കുന്നത് വിദ്യതി ആറു തരത്തിലുണ്ട് അവർ ഈ വിദ്രതിയെയും പിന്നെ പഠിച്ചിട്ടുണ്ട് അത് ആറു തരത്തിൽ ഒന്ന് വാതികം രണ്ട് പൈത്തികം മൂന്ന് കപചം നാല് സാന്നിവാതികം അഞ്ച് രക്തജം ഇതുകൊണ്ട് ദോഷ കോപാനുസാരമായി രോഗ സ്വഭാവത്തെ അറിയാം ചിലത് മാറില്ല വളരെ ശ്രദ്ധിക്കണം അതുകൊണ്ട് കാശ്യപ സംഹിതയിൽ വജ്രത്തിന്റെ ഉപചാരത്താൽ ചില സ്ത്രീകളിൽ പ്രസവാനന്തരം കണ്ടുവരുന്ന ഒരു രോഗത്തെ വിവരിക്കുന്നുണ്ട് ഇതിനെ വച്ചിട്ട് ഇതിനെയൊക്കെ അടിസ്ഥാനമായി വെച്ചിട്ട് കാശ്യപൻ വൃദ്ധജീവകീയ തന്ത്രത്തിൽ കാശ്യപ സംഹിതയിൽ സ്ത്രീകളിൽ ചിലരിൽ പ്രസവാനന്തരം കണ്ടുവരുന്ന ഒരു രോഗത്തെ വിവരിച്ചു കാണുന്നു ലക്ഷണവിവരണങ്ങളിൽ നിന്നും ഇതിനെ ഏതാണ്ട് സ്തനാർബുദമെന്ന് പറയാം അതിൻ്റെ രീതിയിൽ വർണ്ണന തൃണം കീടം തുഷം സുഖം മക്ഷിഗംഗ അനിലോഷ്ട്രിത്യുപചാരത ഉണങ്ങിയ പുല്ലിന്റെ അംശങ്ങൾ കീടം ജീവികളുടെ അംശങ്ങള് മുഴുവനായി അതിൻ്റെ തൊലി കാല മുതലായവ ഒക്കെയാണ് കീടം ധാന്യങ്ങളുടെ ഭൂമി ഷഡ്പഥങ്ങളുടെയും മറ്റു പ്രാണികളുടെയും അവയവ ഭാഗങ്ങൾ കല്ല് മുടി അസ്ഥിയുടെ ചെറിയ കഷ്ണങ്ങൾ എന്നിവയാണ് വജ്രം എന്ന് പറയുന്നത് വജ്രം എന്നതിൽ നിന്ന് ഉള്ള അർത്ഥമാണ് ഇത് കാശ്യപനത് വിവരിച്ചിട്ടുണ്ട് കാശ്യപ സംഹിതയിൽ തൃണം കീടം തുഷം സുഖം മഷ്ടങ്ക അനിലോഷ്ടകഷ്ടികം അനിലം ഓഷ്ടകം ഇതെല്ലാം വളരെ കേശവസ്ഥിഗം വിദ്യമിത്യുപചാരത ഇതിനാണ് വജ്രം എന്ന് പറയുന്നത് ആ വജ്രം ഭക്ഷണം വഴി ശരീരത്തിലെത്തിയാൽ ക്ഷീരവഹകളായ സ്രോതസ്സുകൾ തുറക്കുമ്പോൾ അതിനകത്ത് കയറി ശരീരശാസ്ത്രം ശരീരശാസ്ത്രം മരിച്ചവരെ കീറിമുറിച്ച് പഠിച്ച് മനസ്സിലാക്കുന്നതിൽ നിന്ന് സമ്മതിക്കാൻ പ്രയാസമുള്ളത് കാരണം ശരീരത്തില് ഒരു സ്രോതസ് വഴിയും ഇവക്കൊന്നും കടന്നു ചെല്ലാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ളത് ഉറപ്പുള്ളത് വര കൃമി ഇവയൊക്കെ വയറ്റിലുണ്ട് അവയൊക്കെ തലച്ചോറിലേക്ക് ചെല്ലുമെന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ഒരു അന്ധവിശ്വാസമാണെന്ന് പറയും പഴയ അമ്മമാർ പോലും വിശ്വസിച്ചിരുന്നു അടുത്ത കാലത്ത് കണ്ണിൽ നിന്നൊക്കെ ഓപ്പറേറ്റ് ചെയ്തെടുത്തപ്പോഴാണ് ഇങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്ന് ആ ചിന്തിക്കാൻ തുടങ്ങിയത് ഇപ്പോഴാണ് അത് സ്രോതസ്സുകൾ വഴി കയറിപ്പോന്നാണ് രണ്ടു മൂന്ന് തരത്തിൽ കയറിപ്പോ ഇതിന്റെ മുട്ടകൾ കയറിപ്പോവും അത് അവിടെ ചെന്ന് വിരിഞ്ഞ് വലുതാവും ഇത് മുഴുവനോടെ കയറിപ്പോ ഇതിലെ ചില പ്രോട്ടോപ്ലാസങ്ങൾ കയറിപ്പോവും അവ കേ എത്തിക്കഴിഞ്ഞ് മനുഷ്യ ശരീര ധർമ്മപരങ്ങളായിരിക്കുന്ന സാധനങ്ങളുമായി കൂട്ടിമുട്ടുമ്പോൾ അവ ആ പൂർണ്ണ വസ്തുവായി വളർച്ചമാകും പൂർണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുതച്ചത് എന്ന പ്രമാണത്തിൽ ഇങ്ങനെയൊക്കെയാ പ്രാചീന നടപടിയത് ഒരു ജീവകലനയ്ക്കുള്ളതായ സാഹചര്യങ്ങൾ ഒരുക്കി ശൈവവും ശക്തവുമായ പദാർത്ഥങ്ങളെ കൂട്ടിമുട്ടിച്ചാൽ അത് പൂർണമാകുമെന്നുള്ളത് പ്രാചീനന്റെ വിശ്വാസമാണ് അതിന് പ്രാണന്റെ തുടിപ്പുണ്ടാക്കിയാൽ എന്ന് പറഞ്ഞാൽ പുരുഷവും സ്ത്രൈനവുമായ രണ്ട് പദാർത്ഥം എല്ലാ പദാർത്ഥത്തിലും ഈ രണ്ടെണ്ണം ഇനി ചേർച്ചയിലെ ഇത് തുടിപ്പുള്ള കാര്യമാറു അതിനെ തുടിപ്പിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പദാർത്ഥ നിര പ്രവർത്തനത്തിന്റെ എല്ലാ മേഖലകളിലേക്കും വരുന്നു പ്രാചീനന്റെ വിശ്വാസം ഞാൻ അങ്ങനെ പറയലേ നല്ലത് അതുകൊണ്ട് ഇനി ചെന്ന് കഴിഞ്ഞാൽ എന്നാൽ ഈ കീടങ്ങളും മറ്റും സ്ഥനവ സ്രോതസ്സുകളിലൂടെ അവയെ പൊതിയാനൊരു ആഭരണം ഉണ്ടാക്കും ശരീരം ഉദാഹരണം പറയാറുണ്ട് മുത്തുച്ചിപ്പി പോലെ പ്രാചീനനായ ഒരു ആചാര്യൻ മുത്തുച്ചിപ്പിയുടെ പുറത്ത് ഒരു ചെറിയ ജീവി ഒന്ന് കേറി ആ കടിക്കുമ്പോ ഉണ്ടാകുന്ന ചൊലിച്ചിലിൽ നിന്ന് മുത്തുച്ചിപ്പി ഒരു സ്രവം പുറപ്പെടുവിച്ച ജീവിയെ കൂടെ പൊതിയും കുറെ കഴിഞ്ഞാൽ ജീവി ദ്രവിച്ചു അതിനകത്തിരുന്ന് ആ കിട്ടുന്ന സാധനത്തിന് മുത്തെന്ന് പറയും നാച്ചുറലായി അതിൽ നിന്നാണ് കൾച്ചർ ചെയ്യുന്ന മുത്തുകൾ അതായത് മുത്തുചിപ്പിയെ കൊണ്ടുവന്ന് വളർത്തി അതിന്റെ പുറത്തൊരു കെമിക്കൽ കൊണ്ട് സ്ക്രാച്ച് ചെയ്യും അപ്പോഴും ഇതുണ്ടാക്കും ഇവിടെയൊക്കെ കച്ചർ ചെയ്യുന്ന ഈ കിടന്നീരതൊക്കെ ഉണ്ട് കോഡീശ്വന്മാരായുള്ള പണിയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പണം കിട്ടുന്ന സാധനങ്ങളിലൊന്നായത് മുത്തിന്റെ കൃഷി അതിന്റെ കച്ചർ വളരെ വലുതാണ് അപ്പൊ അതുപോലെ ശരീരത്തിലെ സ്രോതസ് തുറന്ന് അതിലൂടെ സ്തന്ധ്യവഹ സ്രോതസ്സുകളിലൂടെ വരുന്ന ഈ പുല്ലിന്റെ ആഗ്രഹം കീടം തുഷം സുഖം ഇവയൊക്കെ ധാന്യങ്ങളുടെ ഉമ്മി ഒരുമിയായിരിക്കും വരുന്നത് അത് ഉണ്ടാക്കുന്ന ഒരു വേവരാതിയിൽ അതിനെ ഒരു അരികിലേക്ക് മാറ്റിവെക്കുന്നതിന് വേണ്ടി ഒരു കവറുണ്ടാക്കി അതിനെ ഒരിടത്തങ്ങ് വെച്ചാൽ ഒരു അനുകൂല പരിതസ്ഥിതി വരുമ്പോൾ ഇത് വളരാൻ തുടങ്ങും അത് നമുക്കിതിനെ പ്രവ പ്രതിപ്രവർത്തിക്കാൻ തുടങ്ങും ഇങ്ങനെയാണ് കാശ്യപ സംഹിതയിൽ പറയുന്നത് ബ്രസ്റ്റിലൊക്കെ ഉണ്ടാകുന്ന മുഴയെക്കുറിച്ചുള്ള കാശ്യപന്റെ പഠനങ്ങൾ ഇതൊന്നാണ് അങ്ങനെ ഇരിക്കുന്നതാണ് അത് ഒരു പേരായിട്ട് തീരും കുറെ കഴിയുമ്പോൾ ഈ മുഴകളൊക്കെ പൊട്ടിച്ചാൽ അതിന് ഒരു വേര് പുറത്തു വരും മുഖത്തൊക്കെ ഉണ്ടാകുന്നത് ചേക്കി കഴിഞ്ഞാൽ ആ അവരാണീന്ദിരി അത് നോക്കിയാൽ കട്ടിയൊക്കെ ഉണ്ടാവും അത് വെച്ച് പഠിച്ചു നോക്ക അതെന്തൊക്കെ പദാർത്ഥങ്ങളാണ് അതിന്റെ സ്വഭാവം എന്താണ് നിങ്ങള് പഠിച്ചിട്ട് തീരുമാനിച്ചാൽ അന്ന് ഈ പഠിക്കാനുള്ള ഉപകരണമൊക്കെ ഉണ്ടായിരുന്നോ ഇതൊക്കെ കീറുപൊറിച്ച് പഠിച്ചോ ഇതെങ്ങനെ എഴുതി വെച്ചു അന്നത്തെ സംസ്കൃതത്തിൽ എഴുതി വെച്ചിരിക്കുന്ന സാധനവും അതിന്റെ ആശയമായി പറഞ്ഞത് ആശയത്തിന് അന്ന് തന്നെ നിരുത്തോ നികുനോക്കിയിട്ടുണ്ട് ഇന്നത്തെ ആശയല്ല പറഞ്ഞത് ഇന്നത്തുമായി ഒരു താരതമ്യം ചെയ്തിട്ടല്ല പറയുന്നു വളരെ വ്യക്തതയോടെ അവർ എഴുതി വെച്ചതാണ് അങ്ങനെ ഉണ്ടാകുന്നതിനാണ് വജ്രം ആ സാധനത്തിന് വജ്രം എന്ന് പറയുന്നത് ആ വജ്രം താത്രിയുടെ ആഹാരത്തിൽ അതുകൊണ്ടാണ് പഴയ വീടുകളിലൊക്കെ പെൺകുട്ടികൾക്ക് ആഹാരം കൊടുക്കുമ്പോഴാ സൂക്ഷിക്കുക ആൺപിള്ളേർക്ക് കൊടുക്കുമ്പോൾ അത്ര സൂക്ഷിക്കാറില്ല എന്നുള്ള പെണ്ണിനെയെല്ലാം ആണായിട്ട് വളർത്തുകയുള്ള ആണിനെയെല്ലാം പെണ്ണായിട്ട് വളർത്തുകയും ചെയ്യുന്നത് കൊണ്ടാണ് കൂടുതൽ അപകടം വരുന്നത് വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ വീശിയൊക്കെ വെട്ടിയതുക്കി നല്ല സുന്ദരന്മാരായിട്ട് വെമ്പിള്ളേരു മുഖൊക്കെ ക്ലീൻഷെയിൽ ചെയ്ത് ചാന്തൊട്ടായിട്ടുള്ള ആമ്പിള്ളേരും പ്രകൃതിയിരുത്ത കാഴ്ചപ്പാടാണ് ഈ ലോകത്ത് കാണുന്നത് ഞാൻ പറയുന്നതിന് ഉണയാണ് രാവിലെ ബാർബർ ഷോപ്പിൽ പോകാൻ പറ്റിയ വെമ്പിള്ളേർ ഒന്നില്ല പറിക്കലോ പ്ലക്കറോ അല്ല എന്തോ എന്നു ആ അല്ലേ മെഴുകൊട്ടിച്ച് തുണി കൊണ്ട് ചുറ്റി വലിക്കലോ തുണി കൊണ്ടുവന്നു ആ അങ്ങനെയൊക്കെ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലാവും മലയാള ഭാഷ അങ്ങനെയല്ലല്ലോ നാലുകാലെ കുത്തിപ്പൊക്കി ആസനം താങ്ങുന്ന പഴകമെന്നൊക്കെ പറഞ്ഞാൽ മലയാളത്തിലായി പറഞ്ഞാൽ ഇംഗ്ലീഷിലായില്ലേ അപ്പൊ ഇത് ഈ വജ്രം അകത്തി എന്നാൽ അത് നോക്കിയറിയാം സഹ വജ്രം സമാശ്നുതീ സന്നാത്രീ വജ്രം സമ ശ്രുതി പച്യമാന ഭാഗേന ഘനത്തന്നവച്യമാനം വിക്ലിന് വായുരാസ്രോത സ്ത്രീണ വിവൃത വിശേഷധരമാസാദ്യം വിഗുരു സ്ത്രീയു ക കാശ്യപത്തിൽ വളരെ ഭംഗിയായി പറയുന്ന ധാത്രി ആഹാരത്തോടൊപ്പം വജ്രം കഴിക്കുന്നതായാൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അകത്ത് പെട്ടാൽ പച്ചമാനാവസ്ഥയിലും ദഹിക്കാൻ തുടങ്ങുന്ന അവസ്ഥയിലും പക്വാവസ്ഥയിലും ദഹിക്കുന്ന അവസ്ഥയിലും പാകത്തെ പ്രാപിക്കാതെ കിടക്കുന്നു രണ്ട് സമയത്ത് ഇത് ദഹിക്കല ഇത് ദഹിക്കാത്ത കുറെ പദാർത്ഥങ്ങളുണ്ടാവും ഇങ്ങനെ പാകത്തെ പ്രാപിക്കാത്ത വജ്രം നുലഞ്ഞ് അത് അവിടെ കിടന്ന് നുലയി നുലയിപ്പിച്ചു പഴകും ക്ലേദഭാവത്തെ പ്രാപിക്കുന്നു ജലാംശം ഉള്ളതുപോലെ ക്ലേദഭാവത്തെ പ്രാപിക്കുന്നു ഈ ക്ലേദം വായുവിനാൽ പ്രേരിതമായി സമാനൻ എന്ന വായുവിനാൽ പ്രേരിതമായി ക്ഷീരത്തോടൊപ്പം സ്തന്യവഹകളായതുകൊണ്ട് സ്ഥിരമാകാനുള്ള ക്ഷീരമാകാനുള്ള രക്തത്തോടൊപ്പം ക്ഷീരത്തോടൊപ്പം കലരുന്നു പ്രസൂതിയിൽ വിളർന്നിരിക്കുന്ന സർവ്വസ്രോതസ്സുകളിലും സഞ്ചരിക്കുന്ന രസത്തോടൊപ്പം ചേരുന്ന ഈ ക്ലേദഭാവം സ്ഥലങ്ങളിലെത്തി വികാരങ്ങൾക്ക് കാരണമാകുന്നു ഉത്ക്ലേദത്തെ പ്രാപിച്ച രസം അങ്ങനെ ഉത്ക്ലേദം വന്ന രസം അതാണ് ഇതിന് കാരണമായി തീരുന്നത് ഈ സ്തന കീലകം അങ്ങനെയാണതിന് പ്രാചീന ഉപയോഗിച്ച പേര് ആ സ്ഥനകീലകം ഇരുന്ന് മലിനൻ്റെ ആയി ആണ് രോഗം വരുന്നതെന്നൊരു പ്രാചീന പഠനമുണ്ട് അജീർണിർ അനിമിത്തോ അംഗമർദിരോരുക്ഷധുഗ്രഹ ഗ്രഹ ഖോദോജ്വലോ മൂത്ര സംഗ്രഹ എന്ന് കാശ്യവും ഇത് നുലവിച്ച് അങ്ങനെ പ്രാപിച്ചാൽ ഉണ്ടാകുന്നതിനെ അങ്ങനെ വന്നാൽ ഒന്നിലും താല്പര്യമില്ലായ്മ ഒരാൻകു അപ്പൊ തീരുമാനിക്കണം അപ്പോഴതിന്റെ പൂർവരൂപം വരുമ്പോ അറിയാം ഒന്നിലും താല്പര്യമില്ലായി അപ്പൊ പരിശോധിച്ചാൽ എളുപ്പത്തിൽ മനസ്സിലാവും പരിശോധിക്കാൻ കൈ എടുത്ത് കയ്യും വലത്ത് കയ്യും ഒന്നിച്ച് കൈ തലയ്ക്ക് പുറകിൽ വെച്ച് മലന്ന് കിടന്നു മറ്റൊരാളെ കൊണ്ട് വതുക്കുന്ന തടവിച്ച് നോക്കിയാണ് അതല്ലെങ്കിൽ ഒരു കൈ പുറകിലേക്ക് വെച്ച് എതിർഭാഗത്തുള്ള ബ്രസ്റ്റും മറ്റേ കൈ വെച്ച് എതിർഭാഗത്തുള്ള ബ്രസ്റ്റും മറ്റേ കൈ മെല്ലെ ഒന്ന് തടവി നോക്കിയാൽ അതിൽ മുന്തിരി കുലകൾ പോലെയോ അല്ലെങ്കിൽ മറ്റു തരത്തിലും ഒക്കെ ചെറിയ ചെറിയ ഇത് കാണും ആ സമയത്ത് ആ ക്ഷീണം ഉദാസീനത ആലസ്യം ആഹാരത്തിന് രുചിയില്ലായ്മ ആഹാരത്തിൽ താല്പര്യമില്ലാതെ വരിക ഒന്നിലും താല്പര്യം വരിക ഒക്കെ ചെയ്യുമ്പോൾ തീരുമാനിക്കണം ശരീരം പ്രതിപ്രവർത്തനത്തിന് വിധേയമായി കോശങ്ങൾ തനിക്കെതിരെ ഉരുണ്ടുകൂടുന്നു തീരുമാനിക്കണം ഈ ജീവിതം മടുക്കാൻ തുടങ്ങുമ്പോഴൊക്കെ മനസ്സറിയിക്കും അപ്പോഴാ ചികിത്സിക്കേണ്ടത് അന്നേരം തനിക്കല്ലാതെ മറ്റൊരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല തന്റെ രോഗങ്ങളൊന്നും അതിനാ സമയത്ത് ചികിത്സിക്കണമെങ്കിൽ വൈദ്യശാസ്ത്രം തനിക്കറിയണം അതിനായി ഇത് എല്ലാരും പഠിക്കണം പഠിക്കണം അറിയണം എന്നൊക്കെ പണ്ടുള്ളവർ പറഞ്ഞത് വേറൊരാളോട് പറഞ്ഞുകൊടുത്ത് അയാൾക്ക് മനസ്സിലാവുമോ അയാൾ ഉടനെ നോക്കുന്നത് ശരീരത്തിൽ ഒന്നും അല്ല വീട്ടിൽ അച്ഛനോടും അമ്മോടും പറഞ്ഞു എന്തിന്റെ ഉറവാണ് ഇത് പ്രധാന ജോലിയില്ലേ പരീക്ഷ ഭാഗായിരുന്ന മക്കളില്ലേ മറ്റൊരു ജോലി കിട്ടിയില്ലേ ഈ നാട്ടിൽ എത്ര പാവങ്ങളാണ് ജീവിക്കുന്നത് എന്തു കുറഞ്ഞിട്ടാണ് ഈ ദുഃഖിക്കുന്നത് ഞാൻ മനസ്സിലാവു കാരണം അറിയാമോ പിന്നെ അച്ഛനോട് ഞാൻ പറയുവ എനിക്കെന്തോക്ക് എനിക്കെന്തോ വല്ലാതെ ഭയം എനിക്കെന്തോ വല്ലാതെ വിഷമം അത് പറഞ്ഞാലിരുന്ന് മനസ്സിലാകുന്ന ആ പൂർവാരൂപങ്ങളെ നോക്കി സമ്പ്രാപ്തിയുടെ വിവിധ ഘട്ടങ്ങളെ മനസ്സിലാക്കാൻ അറിയുന്ന ആളുകൾ വഴി പറഞ്ഞു പോകും ഇതെ പരിഹാരമാണ് ഇതൊന്നും മനസ്സിലാവും അതുകൊണ്ട് ആ പണ്ടുള്ളവരെ ഏറ്റവും സൂക്ഷിക്കുന്നത് പെൺകുട്ടികളെയാണ് കാരണം ഈ ഭൂമിയിൽ സൃഷ്ടിയുടെ രഹസ്യ വിരിക്കുന്നത് അവരില്ല പുരുഷനല്ല സ്ത്രീയിലെ ഉത്തരവാദിത്വം വളരെ വലുതാണ് അതുകൊണ്ട് അവിടെ സമാജം ഏറ്റവും വലിയ ദേവതയെന്നപോലെ വീട്ടിൽ സൂക്ഷിക്കണം അന്യരുടെ മുമ്പിൽ കെട്ടി എഴുന്നള്ളിക്കാനും അതൊക്കെ പുരുഷൻ പോയി ആനന്ദിച്ചു വരട്ടെ കെട്ടുകാഴ്ചയ്ക്കൊന്നും ഉള്ളതായി കാണരുത് ഇതെല്ലാം കെട്ടുകാഴ്ചയ്ക്കുള്ള ദ്രവ്യങ്ങളാണെന്ന് തോന്നുന്നു കെട്ടുകാഴ്ച വരുമ്പോ കഴിഞ്ഞ് വരുമ്പോഴേക്ക് പിന്നെ കാണാൻ കൊള്ളുക ഒരു വരുവത്തിൽ അതുകൊണ്ട് ഇതൊക്കെ പ്രാചീനരുടെ ഇതിന്റെ മനഃശാസ്ത്രം ഇതിന്റെ സാമൂഹ്യ ഇതിന്റെ സാമ്പത്തിക ശാസ്ത്രം ഇതിൻ്റെ തത്വചിന്ത ഇവയെല്ലാം ചേർത്ത് വെച്ചുള്ള സമഗ്രമായൊരു പഠനമാണ് അവർ നടത്തുന്നത് ചെറിയ പഠനമൊന്നും അല്ല നടത്തുന്നത് എത്ര ആഴത്തിൽ അവർ പഠിച്ചിട്ടുണ്ടോ നോക്കണം മുഴുവനോട് പറഞ്ഞാൽ നിങ്ങളിലൊപ്പം എനിക്കിവിടുന്ന് താഴോട്ട് താഴാനും പറ്റിയല്ല മുകളിലോട്ട് പൊങ്ങാനും പറ്റില്ല സൈഡിലോട്ട് പോകാനും പറ്റിയുള്ള കഥകം പൂട്ടിട്ടിരിക്കുകയാണ് ആ പരുകൾ മുഴുവനൊന്നും പറയാൻ പറ്റൂല അറിയാമെന്ന് പറഞ്ഞാൽ തന്നെ വളരെ കൂടുതലാണ് കൂടുതലാണ് അതുകൊണ്ടാണ് അവര് പറഞ്ഞത് അജീർണം ഒന്നിലും താല്പര്യമില്ലായ്മ ആഹാരം ദഹിക്കാതെ ഒന്നിലും താല്പര്യമില്ലാതെ ക്ഷീണം ഉണ്ടാവുക കാരണം കൂടാതെ ശരീരത്തിൽ വേദനാതി ലക്ഷണങ്ങൾ ഉണ്ടാവുക ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ ഇവിരിക്കുന്ന സ്ഥലത്തൊന്നുമല്ല ലക്ഷണം വരിക ഇത്തിരി വരുന്നിടത്തല്ല വേദന ഉണ്ടാകണം എന്നില്ല വേറൊരിടത്തായിരിക്കും ആ സ്രോതസ്സിന്റെ വേറൊരു മൂലയിലായിരിക്കും ഇതിന്റെ ഷൂട്ടിങ് ഉണ്ടാകുന്നത് അവിടെ ഒരു കുഴപ്പമില്ല എന്നുള്ളത് ഞാൻ നോക്കിയില്ല ഒന്നുമില്ല അവിടെയൊക്കെ അതിന്റെ വിഷമം ജ്വരാദികൾ ഉണ്ടാവുക പനി വന്നാൽ ആദ്യം മനസ്സിലാക്കണം അത് ലക്ഷണമായിരിക്കും മിക്കവാറും പനിയൊരു സ്വതന്ത്ര രോഗമെന്ന നിലയിൽ അത്യപൂർവമാണ് അപൂർവമായ ഉണ്ടെന്നാണ് ആചാര്യ മതം മിക്കവാറും എല്ലാ പനിയും സ്വതന്ത്ര ലോകത്തിന്റെ പട്ടികയിലല്ല മിക്കവാറും മറ്റൊരു രോഗത്തിന്റെ ലക്ഷണ കൊണ്ട് ആദ്യം കേറി പനിക്കല്ല മരുന്ന് കാരണമാ കണ്ടുപിടിക്കേണ്ടത് ഇന്ന് മനുഷ്യന് പനിക്ക് ഉടനാ മനുഷ്യൻ ദിവസം പരിക്കിടാ ഇത് വേറെ വല്ല കാരണം കൊണ്ട് അതല്ല ഇതൊരു സോങ്കൽ രോഗമായിട്ട് പെട്ടെന്ന് വൈറസ് കൊണ്ടോ മറ്റുള്ളത് കൊണ്ടോ ഉണ്ടായതാണോ വൈറസ് കൊണ്ടൊക്കെ ഉണ്ടായതാണെങ്കിൽ ഒരു പണിയില്ല കാരണം മരുന്നില്ല ഇന്നുവരെ വൈറൽ പനിക്കൊന്നും മരുന്ന് കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല പെർമുണ്ടേഷൻസും കോമ്പിനേഷൻസും അസംഷൻസും ഒക്കെ പ്രയോഗിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ അവിടെ സങ്കല്പത്തിലാ ബ്രിട്ടീഷ് മെറ്റീരിയ മണിക്കയുടെ കാലത്തുണ്ടായിരുന്നു കാരണം അന്ന് മെൽക്കുറി ഉപയോഗിക്കുവായിരുന്നു മിനിമ കാശേഷം പല സിദ്ധ വൈദ്യന്മാരും ഉണ്ടാക്കി ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ മനസ്സിലായില്ല സിദ്ധവൈദ്യന്മാര് ഇത് ഉണ്ടാക്കി കൊണ്ടുവരൂ അങ്ങനെ ഒരു മരുന്ന് ഇടയിൽ തോന്നുന്നു ചുക്കുനു പുനിയായിരിക്കും രണ്ട് ഡോസ് കഴിക്കുമ്പോഴേക്കും പമ്പ കിടക്കും അപ്പോഴേക്ക് പിന്നിതെല്ലാം പൊറുകിക്കൊണ്ടുപോയി ടെസ്റ്റായി കൊണ്ടുപോയി അവര് പേറ്റന്റെ നിയമം അനുസരിച്ച് ഇറക്കിയതായതുകൊണ്ട് അവര് ലക്ഷ്യമുണ്ട് അറിഞ്ഞില്ല ഇവിടെ എറണാകുളം ഒക്കെ ഉണ്ടായിരുന്നു പേര് പേറ്റു പോകൂല ഏ അങ്ങനെ ആയിരുന്നു എന്റെ പേര് കോഴിക്കോടിനടുത്ത് ഇടുന്ന ഇറങ്ങി താമോ ഒരുപാട് വാരി പ്രതിയൊന്നും കൊണ്ടുപോയി അങ്ങനെ കുറച്ച് ഷോർട്ടേജും ഉണ്ടാക്കി എവിടെ സമയത്ത് കാരണം ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഇതിനകത്ത് എന്ത് സാധനമാണെന്ന് അറിയാൻ കണ്ടന്റ് വേണ്ടി ഒരുപാട് പരീക്ഷണവും ബഹളവും പത്രങ്ങളും കുറച്ച് എഴുത്തുമൊക്കെ നടത്തി അതിനിടയിൽ പക്ഷെ മേടിച്ച് കഴിക്കുന്നതിന് രണ്ടേ രണ്ട് ഡോസിൽ അങ്ങനെ പരിചയം ശമിപ്പിക്കരുതെന്നും കൊണ്ട് കാരണം ഈ പനി എന്തിന്റെയാണ് പനി ലക്ഷണമായി മാത്രം വരുന്നതാണെങ്കിൽ ഏതെങ്കിലും ഒന്ന് സൃഷ്ടിക്കായാൽ ലക്ഷണം വരും എവിടെയെങ്കിലും വിദ്രതി ഉണ്ടെങ്കിൽ അതിന്റെ പാകതലങ്ങളിൽ പനിയുണ്ടാവും പനിയിൽ നിന്നാണ് തിരിച്ചറിയുന്നത് അതിനെ കാണേണ്ടത് രോഗമായിട്ടല്ല രോഗങ്ങൾ ഉണ്ടാകുമെങ്കിൽ കൂടിയും രോഗമായിട്ട് ആദ്യം കാണരുത് ക്ഷമയുണ്ടാവണം ലക്ഷണം അല്ലാത്ത പനികളാണെങ്കിൽ പൊടിയിൽ കഞ്ഞി പപ്പടം കിട്ടുന്ന മതി പാകതലങ്ങളിൽ വന്ന വ്യതിയാനം കൊണ്ടാണെങ്കിൽ അഗ്നിമാന്തിയാദികൾ കൊണ്ടൊക്കെ ആണെങ്കിൽ വിലവി മുതലായ കഞ്ഞി വെച്ചു വെള്ളം കൂട്ടിയ കഞ്ഞി ദരിദ്ര കഞ്ഞി മുങ്ങി തപ്പിയാല് വറ്റി കഞ്ഞി രണ്ട് തോല എഴുതിയ പോലെ അന്നത്തെ മൂക്കി അല്ല അന്നത്തെ പൂക്കി കുയിലത്തെ പാട്ടി തില പുഷ്പമൂക്കി ദരിദ്ര ഇല്ലത്തെ യവാഗു പോലെ നീണ്ടിട്ടിരിക്കും നയനത്വയത്തി ദരിദ്ര ഇല്ലത്തെ കഞ്ഞി പോലെ നീണ്ടിരിക്കുന്നവർ കണ്ണു ദരിദ്ര ഇല്ലത്തെ കഞ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നീണ്ട കഞ്ഞി വിലയിരുത്തി അപ്പോ അവർക്ക് കഴിച്ചാൽ മതി മാറ്റം കിട്ടും അപ്പൊ മാത്രമേ കഴിക്കാവൂ നിർബന്ധമായ ഒരു പറയും അപ്പോ വേദനാലക്ഷണങ്ങൾ ജ്വരാതി വ്യാധികൾ ജ്വരം ഇതിന്റെ ഫലമായ ഉണ്ടാവും അതിന് ഗുളിക കൊടുക്കുമ്പോ ജ്വരം തൽക്കാലം ശാന്തമാവും നാളെ വീണ്ടും ജ്വരം ഉണ്ടാവും രാത്രിയിൽ മാത്രം ജ്വരമായി നിൽക്കും ചിലത് ചില ഒന്നരാളൻ ജ്വരമായി നിൽക്കും വിദ്രഥികൾ ഇത് ഒട്ടേറെ വ്യാധി ക്ഷമത്വബലത്തെ ബാധിക്കും വ്യാധി പ്രതിരോധ ബാധിക്കും വ്യാധിപ്രതിബന്ധകബലം വ്യാധിക്ഷമത്വബലം അങ്ങനെയാണ് പ്രാചീന ഉപയോഗിക്കുന്ന പദാപ്റ്റേഷൻ പവർ റെസിസ്റ്റൻസ് പവർ വ്യാധിക്ഷമത്വബലവും വ്യാധി പ്രതിബന്ധകത്വബലവും അപ്പൊ അതിനെ ബാധിക്കും ഒക്കെ അറിഞ്ഞു വേണം പൊതുവൊക്കെ ചികിത്സ ഉടനെ അപ്പൊ അതിന് മുമ്പ് ഒരു ചടിക്കൊരു ചെയ്ത് പഞ്ചുരാതികളുണ്ടാവും ഇതിനൊക്കെ ഇടയാക്കും എന്നാൽ ദോഷങ്ങൾ താന സംശ്രയത്തെ പ്രാപിക്കുമ്പോൾ ഇതെല്ലാം അതിന്റെ പശ്യമാന അവസ്ഥയിലാണ് സഞ്ചയാവസ്ഥയിലാണ് അതായത് ഒരു വിദ്രതി ഒരു സ്ഥാനവിദ്ര അതിന്റെ വഴിയിലൂടെ എങ്ങനെയാണ് ഒരു ബിഷുരന്റെ കണ്ണു പോകേണ്ടത് അത് നോക്കിക്കാണുമ്പോ ഇങ്ങനെയെല്ലാം അത് ഉണ്ടാവാം അതുണ്ടായ സഞ്ചയം കോപം പ്രസരണം സ്ഥാന വ്യക്തി ഭേദം ഇങ്ങനെ വികാസം പൂർവരൂപം നിദാനം നിദാനം ആവശ്യം എടുക്കുക പല പ്രാവശ്യം എടുക്കുക നിങ്ങൾ ഒരു വേദൂനും ഞാൻ ഒരു വേദൂന സംപ്രാപ്തി സംപ്രാപ്തി പഞ്ചകം അഞ്ചു സമ്പ്രാപ്തികൾ ചയം അല്ലെങ്കിൽ സഞ്ചയം കോപം പ്രസരണം സ്ഥാന സംശ്രയം വ്യക്തി ഭേദം ഒരു ഇഷ്ടം ഇങ്ങനെ അതിൻ്റെ വികാസം വ്യക്തി വരെ സംപ്രാപ്തിയുള്ള ഒരു ഇഷ്ടം കൈവിടുമ്പോഴാണ് അപ്പൊ അതുകൊണ്ട് അതനുസരിച്ച് പ്രാപിക്കുമ്പോൾ ആദ്യം നമ്മളെടുത്ത സഞ്ചയം രണ്ടാമത് കോപം കോപിക്കുമ്പോഴാണ് അജീർണ്ണം അരതി ഗ്ലാനി വേദനകൾ ജ്വരാദി വ്യാധികൾ അങ്കമർദ്ദം തലവേദന ഇവയൊക്കെ കാണുന്നത് തൃഷ്ണ ഇതെല്ലാം സമയത്ത് കാണുന്നതാണ് അതിന് സ്ഥാന സംശ്രയത്തെ പ്രാപിച്ചാൽ ശോഭശൂലു दाघैहि स्तनस्पृष्टुन्न सक्यदे स्तनगीलामित्याहु ऋषजक्तं विजक्षणाः अनुकाश्यम काणः स्तम्भ श्रावच्छ गुजयोः सिरा सिराजालेना सन्तदह शोभसुला रुजादाहैहि स्तनस्पृष्टुन्न सक्यदे स्तनगीलामित्याहु ऋषजस्तं विजक्षणाः काश्यम ശ്യപത്തില് സ്ഥലം സ്തംഭിച്ചിരിക്കുക കല്ല് കൊല്ലിരിക്കുക സ്രാവം ഉണ്ടാവുക കണ്ണിൽ നിന്നും മറ്റും സ്രാവം ഉണ്ടാവുക ദോഷങ്ങൾ സ്ഥാനത്തിന്റെ ഏത് ഭാഗത്ത് ആശ്രയിച്ചിരിക്കുന്നുവോ അതിനു ചുറ്റും സ്ഥിരാചാരം കാണുക അതിനു ചുറ്റും ഉള്ള നാടികൾ കമനികൾ തടിച്ചു കാണുക സ്ഥിരാതി വേരിക്കോസിൽ കാണുക വേരിക്കോസിലും ഒരു തരം വിദ്രതിയാണ് സ്ഥിരാവിഗ്രഥി എന്ന് പറയും സ്ഥിരാഗ്രന്ഥി എന്നും പറയും അത് കാലിലുണ്ടാവോ മാറിലുണ്ടാവോ അത് വൃഷണങ്ങളിലുണ്ടാവോ മൂക്കിലുണ്ടാവോ ഇങ്ങനെ ശരീരത്തിന്റെ ഏത് ഭാഗത്തും ഉണ്ടാവും ബുധദ്വാരത്തിലുണ്ടാവും ബുധദ്വാരത്തിലാവുമ്പോൾ അതിന് അർത്ഥം തന്നെയാണ് അപ്പൊ സ്ഥിരാഗ്രന്ഥികൾ കാരണമാകുന്നതിനെ കണ്ടെത്തി വേണം ചികിത്സിക്കാൻ അതുകൊണ്ട് ആ സ്ഥിരാഗ്രന്ഥി പോലുണ്ടാവും അവ ചുറ്റുമുള്ള സ്ഥിരാചാലം കാണുക നീരുണ്ടാവുക കുത്തിനോവുണ്ടാവുക വേദനയുണ്ടാവുക ചുട്ടുനീറ്റം ഉണ്ടാവുക സ്പർശ അസഹിഷ്ണുത ഉണ്ടാവുക തൊട്ടുപോയാൽ സഹിക്കാൻ വയ്യാതെ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവും സ്ഥനാർബുദം പിത്താധികമാണെങ്കിൽ പെട്ടെന്ന് ബാലത്തെ പ്രാപിക്കുകയും ചെയ്യും ആറ് തരം പറഞ്ഞതിൽ പൈത്തികങ്ങളായിരിക്കുന്ന വിദ്യതികളാണെങ്കിൽ അത് പെട്ടെന്ന് പാകം പ്രാപിക്കും കപാധികമാണെങ്കിൽ ചില കാലം കൊണ്ട് പാകത്തെ പ്രാപിക്കും വാദാധികമാണെങ്കിൽ പെട്ടെന്ന് വർധിക്കും അസാധ്യമുക്തം എന്ന് മാധവനിധാനകാരൻ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ കണ്ടെത്തുകയും ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുകയും ഇങ്ങനെയൊക്കെ പഠിക്കുകയും ചെയ്തവർ ഈ നാട്ടിലുണ്ടായി ഇവര് ആധുനിക സങ്കേതങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് അത് അതോ സങ്കേതജാഠ്യം ഒന്നും ഇല്ലാതെ ഏതോ ഊഹാപോഹനം കൊണ്ട് എഴുതി വെച്ചതാണ് അതോ ഇവർക്ക് ഏതോ വഴിപാടുകളിൽ നിന്ന് സ്വപ്നത്തിൽ തോന്നിയതൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ട് അത് പിന്നീട് ഒരു കാലത്ത് ശരിയായി വന്നു പോവും തൊന്നും എന്നോട് ചോദിച്ചിട്ട് ഉത്തരം എനിക്കറിയില്ല ഓർക്കുഴലിലേക്ക് ഉപയോഗിക്കുന്നുണ്ട് അത് വെറുതെ ഉപയോഗിക്കില്ല മരുന്നാക്കിയ ഉപയോഗിക്കുക നീരുകൾ വറ്റാണത് നല്ലതാണ് ഇവിടലേറ്റിട്ട് രക്തം വർധിക്കാനോ അത് കഴിക്കുന്നു അവിടെ ഉപയോഗിക്കുന്നത് തദർഥകാരിയായിട്ടാണ് ഉമ്മത്തിന്റെ കായ വിഷമാണ് അത് ഉന്മാദം ഉണ്ടാക്കുന്നതാണ് ഉന്മാദകരമായി ഉപയോഗിക്കുന്നത് അങ്ങനെ ഉപയോഗിക്കുന്നതാണ് തദർഥകാരിയായി ഉപയോഗിക്കുന്ന ചികിത്സയിൽ മൂന്ന് ശാഖയുണ്ട് ഒന്ന് തദർധകാരി ഒന്ന് വ്യാധി വിപരീതം ഒന്ന് ഏതു വിപരീതം അതിൽ തദർദ്ധകാരിയാണ് ഹോമിയോക്കാരി നേരത്ത് ഉപയോഗിക്കുന്നത് അതിൽ വ്യാധി വിപരീതമാണ് ആധുനിക വൈദ്യശാസ്ത്രം ഉപയോഗിക്കും ഏത് വിപരീതമാണ് ആയുർവേദം എന്നാണ് ആളുകൾ ധരിച്ചിരിക്കുന്നത് ഇത് മൂന്നും ആയുർവേദമാണ് ആയുർവേദം ഇത് മൂന്നിലും പഠനങ്ങളും അതിൻ്റെ പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട് അതിലൊന്നായ തദർഥകാരിയിൽ ഉപയോഗിക്കുന്നതാണ് കരി തന്നെയാണ് നീരുകൾ ഉണ്ടാക്കാൻ കാരണമാവുക അതുകൊണ്ട് കരി കൊണ്ട് തന്നെ നീര് വറ്റിക്കാൻ പറ്റും അത് കഴിക്കും നല്ലതായിട്ട് കഴിക്കും അത് കരിക്കൽ മാത്രമല്ല ബ്രാൻഡിയിലിട്ട് കഴിക്കും നല്ല ബ്രാൻഡിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ബ്രാൻഡിക്ക് നല്ല നിറം കിട്ടും കുളുക്കി വെച്ചിട്ട് കുറേ കഴിഞ്ഞ് അത് ഊറ്റിയെടുത്തിട്ട് മരുന്നായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലഡ് ഇൻക്രീസ് ചെയ്യും കരിയും കോലരുക്കവും കൂടെ കൂടി ഉപയോഗിച്ചാൽ വളരെ ഇതാവും അതിൽ ഏറ്റവും രസകരമായൊരു യോഗം ഈ ഇല്ലനക്കരിയും കരിക്കിൻ്റെ വെള്ളവും കോലരക്കും കൂടെ തിളപ്പിച്ച് ഞാൻ പറഞ്ഞ യോഗമാണ് തോന്നുന്നു തിളപ്പിച്ച് കോഴിയുടെയോ ആടിൻ്റെയോ പശുവിൻ്റെയോ ഒക്കെ രക്തം ചേർക്കരുത് അറ്റകീമ ഉള്ളതിൽ കൂടെ അറ്റകൈ രാസ യാതൊരു രക്ഷയില്ല രക്തം വർദ്ധിക്കില്ല നേരെയാവില്ലെന്ന് തോന്നി രക്തം കൊടുത്താൽ വർദ്ധിക്കാ അവിടെയൊക്കെ ചികിത്സയുണ്ട് അത് ഭേദത്തിലെത്തിയാൽ വര ചികിത്സ ഫലപ്രദമാണ് വ്യക്തമായാലും ചികിത്സ ചെയ്യാം എത്തിയാൽ പ്രയാസമാണ് അസാധ്യമാണ് ചികിത്സിക്കണം രോഗിയെ മര്യാദ കൊണ്ട് പേര് പോകുമെന്ന് ഓർത്തോണ്ട് വേണം ചികിത്സിക്കാൻ ഫലം കിട്ടാൻ പ്രയാസമാണ് രഷ്ട്രത്തിലെത്തിയാൽ ബലം പ്രയാസമാണ് എന്നാൽ ഇന്ന് കാണുന്ന രക്ഷങ്ങളൊന്നും രക്ഷങ്ങളല്ല തോന്നിയതൊക്കെ ഇടയ്ക്ക് ഇന്നും തോന്നിയ മരുന്നുകളൊക്കെ ഒരു മരുന്ന് കഴിക്കും ഇന്ന് നാളെ രാവിലെ വേറൊരു ഡോക്ടറെ പോയി കാണും ഒന്നാമത് രോഗിക്ക് ക്ഷമയില്ല രണ്ടാമത് വൈദ്യവിചാരണന്മാർക്ക് ക്ഷമയില്ല അതുകൊണ്ട് ബന്ധുക്കൾക്ക് തീരെ ക്ഷമയില്ല അവരുടെ കഴിഞ്ഞാൽ ആ മരുന്ന് മേടിക്കുന്നതിന് മുമ്പ് രോഗം പറഞ്ഞു അതറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ രോഗി രോഗം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വൈദ്യൻ ആദ്യം മുഴുവൻ കേൾക്കും മുഴുവൻ കേൾക്കും അഞ്ചു മിനിറ്റ് കൊണ്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം രണ്ടാമത് ഒന്നുകൂടെ ഇട്ടായോ ആവർത്തിക്കും ഈ രോഗികളെല്ലാം ബന്ധക്കോസ്കരാ കേൾക്കുന്നവന് അരോചകമാകുമ്പോൾ ഇത് ഇത് രണ്ടാമ ഒന്നുകൂടെ ആവർത്തി മരുന്നെല്ലാം തുടങ്ങുമ്പോൾ വീണ്ടും ഇത് ആവർത്തിക്കും കാലുവേദന തലവേദന എന്ന് പറഞ്ഞ് വീണ്ടും ഒന്നുകൂടെ ആവർത്തി അവസാനം ഇയാളെ ചൂടാകേണ്ടി വരുന്ന ഇത് വീണ്ടും ആവർത്തിക്കും മനസ്സിലായി അല്ല ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എന്ന് പറഞ്ഞു ഒന്നുകൂടെ ഇത് കഴിഞ്ഞ എഴുതി കൊടുത്തുകഴിഞ്ഞാൽ ഇതുകൊണ്ട് അങ്ങ് കൂട്ട് ഒന്നുകൂടെ തിരിച്ചുവന്നിട്ട് ജോലിക്കും ഇതിനകത്ത് തലവേദനയ്ക്ക് ചെയ്ത് വരുന്ന കാലുവേദനയ്ക്ക് ചെയ്ത് വരുന്ന കൈവേദനയ്ക്ക് ചെയ്തു ഇത്രയും ക്ഷമയില്ല ക്ഷമ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലാത്തവരുടെ പേരാണ് പേഷ്യൻസ് അതുകൊണ്ട് അത് വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് ഇഷ്ടമല്ല പലപ്പോഴും വരുന്നത് പല മരുന്നുകളെല്ലാം ജയിച്ചൊരു ഇഷ്ട ആഭാസമാണ് അത് പലപ്പോഴും ഭേദമാവും എന്നിട്ട് ഭേദായി കഴിഞ്ഞാൽ നാട്ടുകാരോട് പറയും കുടേതമ്പരം വിളിക്കാറായിരിക്കായിരുന്നു മരിക്കാൻ തുടങ്ങായിരുന്നു അന്നേരം ആ ഡോക്ടറുടെ ഒരു മരുന്ന് കഴിച്ചു അല്ലെങ്കിൽ ആ വൈദ്യന്റെ ഒരു മരുന്ന് കഴിച്ചു ഞാനങ്ങ് രക്ഷപ്പെട്ടു അങ്ങനെ ആരും രക്ഷിക്കില്ല ഇഷ്ടത്തിലെത്തിയ രക്ഷപ്പെടുകയില്ല ഇഷ്ടത്തെയും നല്ല രക്ഷപ്പെടുന്നു ഇഷ്ട ആഭാസത്തെയും നല്ല രക്ഷപ്പെടുന്നു അതാണ് അതിൻ്റെ അത് സത്യത ആ ഡയഗ്നോസിസ് പൂർണമല്ല ഇത്രയുള്ളതിന്റെ കാര്യം അതുകൊണ്ട് അങ്ങനെയൊക്കെ തന്നെ ധരിക്കണം അങ്ങനെയൊക്കെ മനസ്സിലാക്കണം എന്നിട്ട് മര്യാദയ്ക്ക് മരുന്ന് കഴിക്കണം അപ്പൊ ഭേദാവും ശാന്തമായിരിക്കണം ഇതെല്ലാം ഭേദാകുന്ന രോഗങ്ങളാണ് അതിന്റെ കച്ചമാന അവസ്ഥയിലും പക്വാവസ്ഥയിലും ഒക്കെ ചികിത്സയാൽ ഭേദം കിട്ടും ശ്രദ്ധിച്ചൊക്കെ ചെയ്യണം എന്ന് മാത്രം നല്ലത് ചെയ്യാൻ ഇത് പഠിക്കുക എന്നുള്ളതാണ് പഠിച്ചിട്ട് അടുത്ത തലമുറയ്ക്ക് വീട്ടിലിരുന്ന് തന്നെ പറഞ്ഞു കൊടുക്കുക ഈ വിദ്യാഭ്യാസമൊക്കെ സ്കൂളിൽ മാറ്റുക പറ്റുമെങ്കിൽ നമ്മുടെ നല്ല അപ്പുറത്ത് കൊടുത്തിട്ട് അവൺ ഉണ്ടാക്കിയ ഇങ്ങോട്ട് മേടിക്കുക അതോ പിന്നെ ഈ നോട്ട് കണ്ടെയ്നറിൽ നിന്ന് വന്നോ എവിടുന്ന് വന്നോ നോക്കണ്ട നല്ല സുഖമായി ജീവിക്കാം മാത്രമല്ല അധ്വാനിക്കുന്നവൻ മാത്രമേ ജീവിക്കുകയുള്ളൂ നോട്ട് കെട്ടും പോക്കറ്റ് ഇട്ടിരിക്കുന്നവൻ വെറുതെ ചുറയും കുത്തിയിരുന്ന് ഒരു കുറേ കഴിയുമ്പോഴത്തേക്കും മര്യാദയാവുകയും ചെയ്യും അതല്ലാതെ അതിന് പരിഹാരമില്ല നാട്ടിൻപുറത്തൊക്കെ കൂട്ടായ്മകൾ ഉണ്ടാക്കിയിട്ട് നെല്ലങ്ങോട്ട് കൊടുക്കുക ചക്ക ഇങ്ങോട്ട് വാങ്ങിക്കുക കപ്പ അങ്ങോട്ട് കൊടുക്കുക ചേമ്പ് ഇങ്ങോട്ട് ഇതേ ഉള്ളി ഞങ്ങൾ എന്നുള്ളൂ നോട്ടും കെട്ടും ഒന്നും ഇങ്ങോട്ട് വേണ്ട ഞങ്ങളിവിടെ പണം കൊണ്ടുള്ള യാതൊരു കലർത്തും നടക്കുന്നില്ല ഞങ്ങൾ തമ്മിൽ തമ്മിൽ തെങ്ങയും ചക്കയും വാങ്ങയും ഒക്കെ കൊടുക്കാനും വാങ്ങിക്കാനും തീരുമാനിക്കുകയാണ് ഞങ്ങൾ തമ്മിൽ സംതൃപ്തരായി ജീവിക്കാൻ തീരുമാനിക്കുകയാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ നോട്ട് കണ്ടു അതിൻ്റെ വിശ്വാസവും അതിൻ്റെ കാരണം വെച്ചാൽ പ്രസിദ്ധനായ ഒരു മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു നോട്ടടിക്കാനായിട്ട് കൊറിയയിലേക്ക് നോട്ടിൻ്റെ പുതിയ പ്ലാൻ എല്ലാം കൊടുത്ത് വരച്ചു കൊടുത്ത് നോട്ടടിക്കാൻ പറഞ്ഞു അവിടെ നോട്ടടിച്ച നോട്ട് കേരളത്തില് ഗവൺമെന്റിന്റെ നോട്ട് എത്തുന്നതിന് മുമ്പ് ആ നോട്ട് കേരളത്തിൽ വന്നിറങ്ങിയിരിക്കുന്നു മന്ത്രി പറഞ്ഞാണ് ഞാൻ പറഞ്ഞതല്ല പരസ്യമായിട്ട് പറഞ്ഞു അവിടെ നോട്ട് അടിക്കുന്നേ ഉള്ളു നമുക്കുള്ള നോട്ട് പക്ഷെ ഗവൺമെന്റിനെ അത്ഭുതപ്പെടുത്തി ആ നോട്ടിനേക്കാൾ ഗംഭീരമായ നോട്ട് അപ്പൊ ഈ കൊടുത്ത പേപ്പർ രഹസ്യായിരുന്നില്ലേ ഇതവര് രഹസ്യമായിട്ട് സൂക്ഷിച്ചില്ലേ ആ രാജ്യത്ത് കൊടുത്ത എന്ത് വേറെ നോട്ടടിച്ച് തന്നെ ഇവിടെ ഇറക്കിയോ ഒരു ആയിരം ചോദ്യങ്ങൾ ഉണ്ടാവും മന്ത്രി പറഞ്ഞതാണ് ഞാൻ പറഞ്ഞതല്ല മന്ത്രി ഭക്ഷ്യമന്ത്രിയാണെന്ന് സി ദിവാദർ അദ്ദേഹം പറഞ്ഞ പരസ്യമായൊരു സമ്മേളനത്തിൽ വെച്ച് പ്രസംഗിച്ച രഹസ്യമായ ആരോടെങ്കിലും പറഞ്ഞതല്ല മാധ്യമങ്ങൾ എല്ലാം കേട്ട പറഞ്ഞതാ വളരെ പരസ്യമായിട്ട് പറഞ്ഞതാ എന്നിട്ട് ആ നോട്ടും കയ്യിലിട്ട് ഞാൻ വിശ്വസിച്ച് നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് വിശ്വസിക്കുന്നു അതുകൊണ്ട് പഴയ വാട്ടർ സിസ്റ്റത്തിലേക്ക് പോയാൽ അധികം വിഷമമൊന്നും കൂടാതെ ജീവിക്കാം അത്യാവശ്യം രാവിലെ ഏറ്റവും പണിതൊരു ചോദിക്കാതെ തിന്നാൻ പറ്റുള്ളൂ ബോധ്യാവും അതുകൊണ്ട് ആലോചിച്ച് നോക്കുക ാലോചിക്കാം പതുക്കെ പതുക്കെ പറഞ്ഞു നല്ലതേ ഉള്ളൂ നിങ്ങൾ ചെയ്തോളൊന്നുമില്ല ചെയ്യാൻ പറ്റിയൊരു സാധനം സൂചിപ്പിച്ചു തന്നു നീ ബാക്കി നിങ്ങളുടെ ബുദ്ധിക്കും നിങ്ങളുടെ യുഗതയ്ക്കുമൊക്കെ അനുസരിച്ച് നിങ്ങളുടെ ചിന്തയ്ക്കുമൊക്കെ അനുസരിച്ച് എല്ലാവരും ആഗ്രഹിക്കുന്നത് കാര്യമൊന്നും ചെയ്യാതെ വല്ലതൊക്കെ ഉണ്ടാക്കണം എന്നാ അതുകൊണ്ട് അത് തെറ്റുന്നു ആണെന്ന് എനിക്ക് പക്ഷെ അതൊക്കെ മനുഷ്യന്റെ മോഹങ്ങളിൽ പെട്ടതാണ് ആ മോഹങ്ങൾ അവസാനം വരെ ഉണ്ടാവും ചൊടല വരെ ഉണ്ടാവും ശരിക്കും നിങ്ങക്കൊക്കെ ആ മോഹമുള്ളവരൊക്കെ തന്നെ ആയിരിക്കും അതിനും തെറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കണ്ട പക്ഷേ ജീവിതം ധന്യമാക്കാൻ ഇങ്ങനെ ചില വഴികളും ആലോചിച്ചോളൂ അപ്പം നമുക്കിന്ന് ഏതായാലും അവസാനിപ്പിക്കാം അപ്പം അഞ്ച് കൃത്യമായി വിചാരിക്കാം നാരായണം നമുക്ക് നാരായണം ചെയ്യുന്നത് ഹരി